മൂന്ന് ദിവസമായിട്ട് ഉപവാസ പ്രാർത്ഥന നടക്കുകയായിരുന്നു ആ പ്രാർത്ഥനയുടെ അവസാന സന്ദർഭത്തോട് ചേർന്ന് ഇന്ന് സഭായോഗവും നടക്കുകയാണല്ലോ പ്രാർത്ഥനയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില വേദഭാഗങ്ങളുണ്ട് ആ കൂട്ടത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ തന്നെ നമ്മൾ ചിന്തിച്ചത് രണ്ട് ദിനവൃത്താന്തം ഏഴിൻ്റെ പതിനാലാണ് തങ്ങളെ തന്നെ എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചാൽ ദൈവം ആ ദേശത്തിന് സൗഖ്യം നൽകും എന്നുള്ള വചനം നമ്മൾ എടുത്ത് നമ്മൾ തുടക്കം മുതൽ ആ കാര്യങ്ങളെ ചിന്തിക്കുകയായിരുന്നു ഈ വചനത്തോട് ചേർന്ന് കർത്താവായ യേശു പുതിയ നിയമത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞ പ്രധാനപ്പെട്ട ചില ഉപമകളും കർത്താവിൻ്റെ ജീവിതത്തോട് ചേർന്ന് വന്ന ചില സംഭവങ്ങളും നമുക്ക് വളരെ വേഗത്തിൽ സമയത്തിൻ്റെ ചുരുക്കമുണ്ടെങ്കിലും വളരെ വേഗത്തിൽ ഒന്ന് നോക്കാം ലൂക്കോസിൻ്റെ സുശേഷം പതിനെട്ടാമത്തെ അധ്യായത്തിലാണ് നമ്മൾ ആ ഭാഗം കാണുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായത്തിൽ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് താൻ അവരോട് ഒരു ഉപമ പറഞ്ഞത് എന്ന് പറഞ്ഞ് കർത്താവ് പറഞ്ഞ ഒരു ഉപമ ആരംഭിക്കുകയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടിൻ്റെ അതിൻ്റെ ഒന്നു മുതൽ ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിലാണ് വിധവയുടെ ഉപമ കർത്താവായ യേശുക്രിസ്തു പറയുന്നത് അതിനുശേഷം രണ്ടാമത് ഒരു ഉപമ കർത്താവ് പറയുന്നുണ്ട് അത് അതിൻ്റെ ഒൻപത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിലാണ് അവിടെ രണ്ട് പേരെ ദേവാലയത്തിൽ പ്രാർത്ഥിപ്പാൻ പോയി ഒരുത്തൻ പരീശൻ മറ്റവൻ ചുങ്കക്കാരൻ പ്രസിദ്ധമായ ആ ഉപമയും കർത്താവ് പറഞ്ഞു നോക്കിയാൽ രണ്ടുപമകൾ കർത്താവ് പറഞ്ഞു ഈ രണ്ട് ഉപമകൾ പറഞ്ഞതിന് ശേഷം ഒരു ചെറിയ സംഭവം ഉണ്ടാവുകയാണ് അതിൻ്റെ പതിനഞ്ചും മുതൽ പതിനേഴ് വരെയുള്ള പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ ഒരു ചെറിയ സംഭവം നമ്മൾ കാണുന്നു കർത്താവ് തൊടേണ്ടതിന് തൊടേണ്ടതിന് എന്ന് പറഞ്ഞാൽ ബ്ലസ് ചെയ്യേണ്ടതിന് അനുഗ്രഹിക്കേണ്ടതിന് ചിലരെ ശിശുക്കളെ കൊണ്ടുവരുന്നു ശിശുക്കളെക്കുറിച്ച കർത്താവ് ചില കാര്യങ്ങൾ പറയുന്നു അതാണ് പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് അടുത്ത് വേറെ ഒരു സംഭവം അതിനോട് ചേർന്ന് തന്നെ നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ പതിനെട്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ ഒരു ധനികനായ പ്രമാണി കർത്താവിൻ്റെ അടുത്ത് വന്ന് കർത്താവെ ഞാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിന് നിത്യജീവനിൽ കടക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു കർത്താവ് അതിനവനോട് മറുപടി പറയുന്നു അവൻ അതിനുള്ള വ്യവസ്ഥ കേട്ടിട്ട് അവനത് അവനെക്കൊണ്ടത് പാലിക്കാനൊക്കെ ഇല്ല എന്ന് മനസ്സിലാക്കി ദുഃഖിച്ച് പോകുന്നു ഈ ഭാഗമാണ് ഇങ്ങനെ ഇങ്ങനെ നോക്കുക നാല് വ്യത്യസ്ത സംഭവങ്ങൾ ഈ നാല് വ്യത്യസ്ത സംഭവങ്ങളിലും പ്രാർത്ഥനയെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും ഈ ഭാഗങ്ങൾ ഈ നാല് കാര്യങ്ങളും ഒന്ന് ആ വിധവയുടെ ഉപമ രണ്ട് ചുങ്കക്കാരൻ്റെയും പരീശൻ്റെയും ആ ഉപമ മൂന്നാമത് നമ്മളാ ധനികനായ പ്രമാണി ധനികനായ പ്രമാണി വന്ന് യേശുമായിട്ട് സംസാരിക്കുന്ന ആ ഒരു സംഭവം ആ ഒരു സംഭവം മറ്റൊരു സംഭവം ശിശുക്കളെ കർത്താവ് അനുഗ്രഹിക്കുന്ന സംഭവം ഈ രണ്ട് ഉപമകളും രണ്ട് സംഭവങ്ങളും മൊത്തം നാല് കാര്യങ്ങൾ ഈ നാല് കാര്യങ്ങൾ നമ്മൾ വളരെ വേഗത്തിൽ നോക്കുമ്പോൾ അതിലൊക്കെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുള്ള പല സത്യങ്ങളും നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും വളരെ വേഗത്തിൽ നമുക്ക് ഈ ഭാഗങ്ങൾ നോക്കാം പതിനെട്ടിൻ്റെ ഒന്ന് മുതൽ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞ വിധവയുടെ ഉപമയാണ് നമ്മൾ കാണുന്നത് വിധവയുടെ ഉപമ നമ്മൾ കാണുമ്പോൾ അത് മുഴുവൻ വായിക്കാനായിട്ട് നമുക്ക് സമയമില്ല അതുകൊണ്ട് ആ ഉപമയിൽ പറയുന്ന കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഞാനിങ്ങനെ പറയാം ഒരു സ്ഥലത്ത് ഒരു വിധവയുണ്ടായിരുന്നു ആ വിധവ അവൾക്ക് ഒരു ആവശ്യമുണ്ടായിരുന്നു ആവശ്യം അവൾ പട്ടണത്തിലെ ന്യായാധിപൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു ന്യായാധിപൻ ആദ്യം അത് സാധിച്ചു കൊടുപ്പാൻ ന്യായാധിപന് താല്പര്യമില്ലാത്ത പോലെയാണ് ന്യായാധിപൻ്റെ പെരുമാറ്റം ഇന്ന് നമ്മളിൽ പലരും സർക്കാർ ഓഫീസുകളിലൊക്കെ കയറി ഇറങ്ങുമ്പോൾ നമുക്ക് പലപ്പോഴും ഇത് പെട്ടെന്ന് ഫീൽ ചെയ്യും അവർക്കത് ചെയ്തു തരാൻ മനസ്സില്ലാത്തതുപോലെ ഈ ന്യായാധിപൻ അത് വെച്ച് താമസിപ്പിച്ചു ഒരു പക്ഷേ ഒരു പക്ഷേ അവൻ കൈക്കൂലി പ്രതീക്ഷിക്കുന്നുണ്ടാവും ഏതായാലും അവനത് ചെയ്തു കൊടുത്തില്ല പക്ഷേ ഇവളുടെ കയ്യിൽ കൊടുക്കാൻ ഒന്നുമില്ല അവൾക്കാകെ അവൾ വിധവയാണ് അവൾക്കൊന്നും കൊടുക്കാനായിട്ടില്ല അവൾക്കാകെ ചെയ്യാവുന്നത് പിന്നെയും പിന്നെയും പിന്നെയും ഈ ന്യായാധിപൻ്റെ അടുത്ത് ചെന്ന് അവനോട് ചോദിക്കുക എന്നുള്ള ഒരേ ഒരു കാര്യമേ അവൾക്ക് ചെയ്യാനുള്ളൂ അവൾ ആ കാര്യം മടുത്തു പോകാതെ ചെയ്തു മടുത്തു പോകാതെ ചെയ്തപ്പോൾ ഈ ന്യായാധിപന് ഒരു തിരിച്ചറിവുണ്ടായി ഇങ്ങനെ പോയാൽ ഈ വിധവയുടെ കാര്യം ഞാൻ ചെയ്തു കൊടുത്തില്ലെങ്കിൽ ആ അവൾ വന്ന് അവൾ ഒടുവിൽ വന്ന് എൻ്റെ മുഖത്തടിക്കും എന്നാണ് ന്യായാധിപൻ പറയുന്നത് അതുകൊണ്ട് അവന് ന്യായാധിപൻ എന്ത് ചെയ്തു അവൾക്ക് ആ കാര്യം സാധിച്ചു കൊടുത്തു ഒടുവിൽ അതിനെക്കുറിച്ച് പറയുന്നു ദൈവം അങ്ങനെയാണെങ്കിൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമ ഉള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ എന്ന് പറഞ്ഞ് ഉപമ അവിടെ അവസാനിക്കുകയാണ് ഈ ഉപമയിൽ പ്രാർത്ഥനയെക്കുറിച്ചാണെന്ന് നമുക്കതിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും കർത്താവ് പറയുന്നത് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവനവരോടൊരു ഉപമ പറഞ്ഞത് അപ്പം ഈ ഉപമ പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന ഒരു ഉപമയാണെന്ന് അതിൻ്റെ തലക്കെട്ടിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഇതിൻ്റെ അകത്തെ വിധവ രണ്ട് പേരാണ് ഇതിൻ്റെ അകത്തെ കഥാപാത്രങ്ങൾ ഒന്ന് ഒരു വിധവ മറ്റേത് ന്യായാധിപൻ ഈ വിധവ ആരെ പ്രതിദാനം ചെയ്യുന്നു ഈ വിധവ പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലുന്ന നമ്മളെയാണ് പ്രതിദാനം ചെയ്യുന്നത് നാം ദൈവസന്നിധിയിൽ ഒരു വിധവയുടെ മനോഭാവത്തോടെ ചെന്നാൽ അതാണ് ആ വിധവ നമ്മെയാണ് പ്രതിദാനം ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഈ അനീതിയുള്ള ന്യായാധിപൻ ആരെ പ്രതിദാനം ചെയ്യുന്നു അനീതിയുള്ള ന്യായാധിപൻ ദൈവത്തെ പ്രതിദാനം ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളിൽ പലരും പെട്ടെന്ന് അതങ്ങനെ തന്നെയാണോ എന്ന് ചിന്തിക്കും കാര്യം ദൈവത്തെ എങ്ങനെ അനീതിയുള്ള ഒരു ന്യായാധിപനുമായിട്ട് ചേർത്ത് പറാനൊക്കുന്നത് ശരിയല്ലേ പക്ഷേ നമ്മൾ ഈ ഉപമകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഈ ഉപമകളിലെ പറയുന്ന അതിൻ്റെ അകത്ത് ആ ഉപമയിലെ ഒരു കഥാപാത്രം യഥാർത്ഥ ആളിനെ നൂറ് ശതമാനവും റെപ്രസെൻ്റ് ചെയ്യണമെന്നില്ല നമുക്ക് പല ഉപമകൾ അറിയാം ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ഘടകം എടുത്തു പറയാൻ വേണ്ടിയായിരിക്കും ഒരു ഉപമ പറയുന്നത് അതിൻ്റെ അകത്തെ കഥാപാത്രത്തിൻ്റെ സ്വഭാവം മുഴുവൻ ഈ യഥാർത്ഥ ആളിനുണ്ടാകണമെന്ന് നിർബന്ധമില്ല ഇവിടെ ഇതാ ഈ ന്യായാധിപനെ ദൈവത്തോട് ഉപമിക്കുമ്പോൾ അവിടെ എന്താ എന്ത് ഏത് ഘടകം മാത്രമാണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം യോജിച്ചു പോകുന്നത് അതായത് ഈ വിധവ പ്രതീക്ഷിച്ച സമയത്ത് അത് ചെയ്ത് കിട്ടിയില്ല അത് വെച്ച് താമസിച്ചു പക്ഷെ ഒടുവിൽ അത് ചെയ്തു കൊടുത്തു ആ അനീതിയുള്ള ന്യായാധിപൻ പോലും അങ്ങനെ പറഞ്ഞെങ്കിൽ ദൈവം തൻ്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ എത്രത്തോളം അതിനേക്കാൾ എത്രത്തോളം ഗൗരവത്തോടെ ആ കാര്യം ചെയ്യാവുന്നത്ര വേഗത്തിൽ ചെയ്തു കൊടുക്കുകയില്ലേ എന്ന് പറയുമ്പോൾ അത് ദൈവത്തെ പ്രധാനം ചെയ്യുന്നു എന്ന് പറയുന്നതിൽ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞത് വ്യക്തമായി എന്ന് കരുതുന്നു ഉപമകൾ നമ്മൾ സുവിശേഷങ്ങളിലുള്ള ഉപമകൾ ഓരോന്നായിട്ട് എടുത്ത് ചിന്തിക്കുക ചില ഉപമകൾ നൂറ് ശതമാനം ഇല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആ സത്യത്തെ പ്രധാനം ചെയ്യുന്നുണ്ട് എന്നാൽ വേറെ ചില ഉപമകൾ അതിൻ്റെ അകത്ത് പറയേണ്ട ഒരു കേന്ദ്ര സത്യത്തെ മാത്രമേ പ്രധാനം ചെയ്യുന്നുള്ളൂ അതിൻ്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഇതുമായിട്ട് ബന്ധമില്ല അങ്ങനെ നമ്മൾ കാണുമ്പോഴാണ് ഈ അനീതിയുള്ള ന്യായാധിപനായാലും ഈ ന്യായാധിപൻ ദൈവത്തെയാണ് പ്രധാനം ചെയ്യുന്നത് എന്ന് കാണാനായിട്ട് കഴിയുന്നത് ഇവള് ഇങ്ങനെ വന്ന് ഇവളുടെ ഭാഗത്ത് അവസാനം ഈ കാര്യം അവൾക്ക് അനുകൂലമായിട്ട് ചെയ് കൊടുത്തു എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം ഒരു വേദപണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നത് അവൾക്കൊരു സാമ്പത്തിക ആവശ്യമായിരുന്നു സാമ്പത്തികമായ ഒരു ആവശ്യം അവളുടെ അവൾക്കുണ്ടായ എന്തെങ്കിലും ഒരു കാര്യം സർക്കാരിൽ നിന്ന് കിട്ടേണ്ടത് അല്ലെങ്കിൽ അവളിൽ നിന്ന് കടം വാങ്ങിച്ചുകൊണ്ട് പോയത് ഈ ന്യായാധിപൻ ഇടപെട്ട് അത് തിരിച്ച് വാങ്ങിച്ചു കൊടുക്കണം അങ്ങനൊരു സാമ്പത്തിക ആവശ്യത്തിൻ്റെ പേരിലാണ് ഇവള് ന്യായാധിപനെ തുടർച്ചയായിട്ട് ബുദ്ധിമുട്ടിപ്പിച്ചു അങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നപ്പോൾ ന്യായാധിപൻ ആദ്യം മനസ്സില്ല അവനവൻ്റേതായ അജണ്ടയുണ്ട് ഇതിൽ നിന്ന് എന്തെങ്കിലും ചില സർക്കാർ ഉദ്യോഗസ്ഥരെ അങ്ങനെ ആണല്ലോ വീണാൽ കാപ്പണം എന്നതാണ് അവരുടെ മുദ്രാവാക്യം നമ്മൾ ചിലപ്പോൾ അവരെ കാണാൻ ചെല്ലുമ്പോൾ അവരുടെ മുകളിൽ സത്യമേവ ജയ്തെ എന്നൊക്കെ എഴുതി ഒട്ടിച്ചിട്ടുണ്ടാകും ഗാന്ധിയോ ആരൊക്കെയോ പറഞ്ഞ മഹത്വചനങ്ങളുണ്ടാകും പക്ഷേ നമ്മൾ പലവട്ടം അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്കറിയാം ഇദ്ദേഹം സത്യത്തിൽ ഈ സത്യമേവ ജയ്തയെന്ന് മാറ്റിയിട്ട് കമന്ന് വീണാൽ കാപ്പണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ മോട്ടോയാണ് എഴുതി വയ്ക്കേണ്ടതെന്ന് നമുക്ക് തോന്നും എന്ന് പറഞ്ഞതുപോലെ ഈ ഈ ന്യായാധിപനും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ അജണ്ട ഉണ്ടായിരുന്നു പക്ഷേ കാര്യങ്ങൾ നടക്കുന്നില്ല പിന്നെയും പിന്നെയും വിധവ വരുന്നു അങ്ങനെ വന്നപ്പോൾ നിവർത്തിയില്ലാതെ ഈ ന്യായാധിപൻ ഇത് ചെയ്തു കൊടുത്തു നമുക്ക് ഈ വിധവയെ ശ്രദ്ധിക്കാം കാര്യം പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെടുന്നത് നമ്മളാണല്ലോ നമ്മളാണ് ആ വിധവയെ പ്രധാനം ചെയ്യുന്നതെങ്കിൽ വിധവയുടെ മനോഭാവം നമുക്ക് ശ്രദ്ധിക്കാം ഈ വിധവയ്ക്ക് എന്തുകൊണ്ടാണ് ഈ ന്യായാധിപൻ വിചാരിച്ച നിലയിൽ അവന് അവനെ കാണുകയോ അവന് കൈക്കൂലി കൊടുക്കുകയോ ഒന്നും ചെയ്യാൻ കഴിയാതിരുന്നത് കാരണം അവൾ അതിനൊരൊറ്റ ഒറ്റ മറുപടിയേ ഉള്ളൂ അവൾ വിധവയായിരുന്നു എന്നുള്ളത് വിധവ ദൈവവചനത്തിൽ വിധവ മറ്റെങ്ങും ആശ്രയമില്ലാത്ത ഒരാളിനെയാണ് പ്രധാനം ചെയ്യുന്നത് കർത്താവ് അങ്ങനെ ഒരു ആളിനെ പറയേണ്ടി വരുമ്പോഴാണ് വിധവ വിധവയെ ഉപമയിൽ എടുക്കുന്നത് നമ്മൾ ദൈവവചനത്തെ വചനത്തോടെ താരതമ്യം ചെയ്യുമ്പോൾ ഒന്ന് തീമത്തിയോസ് അഞ്ചാമധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ഈ കാര്യം കാണാനായിട്ട് കഴിയും ഒന്ന് തീമത്തിയോസ് അതിൻ്റെ അഞ്ചാമത്തെ അധ്യായത്തിൽ ഇതാ പൗലോസ് പറയുന്നു ഒന്ന് തീമത്തി ദോസ് അഞ്ചാമധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം സാക്ഷാൽ വിധവയും ഏകാഗിയുമായവൾ ദൈവത്തിൽ ആശ വച്ച് രാപ്പകൽ ചനയിലും പ്രാർത്ഥനയിലും ഉറ്റുപാർക്കുന്നു അവൾക്ക് മറ്റ് കാര്യങ്ങളൊന്നുമില്ല കാര്യം വേറെ അവർ അവൾക്കൊരു പിടിപള്ളിയില്ല അവളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൽ ആശ വെച്ച് രാപ്പകൽ യാചിക്കുകയും ഈ ഒരു കാര്യമേ അവൾക്ക് ചെയ്യാനുള്ളൂ അങ്ങനെ ചെയ്യുന്ന ഈ വിധവയെ ഇതാ ദൈവോചനം എന്താ വിളിക്കുന്നത് സാക്ഷാത് വിധവ സാക്ഷാത് വിധവ അപ്പോൾ അക്ഷരാർത്ഥത്തിൽ വിധവയായാൽ പോരാ സാക്ഷാൽവിധവയാകണം നമ്മളൊരു പക്ഷേ അക്ഷരാർത്ഥത്തിൽ വിധവയല്ലെങ്കിലും നമുക്ക് സാക്ഷാൽവിധവയാകാനൊക്കും ഞാൻ പറഞ്ഞത് വ്യക്തമായോ പ്രിയപ്പെട്ടവരെ സാക്ഷാൽവിധവ എന്ന് പറഞ്ഞാൽ അതൊരു മനോഭാവമാണ് ആ മനോഭാവം എന്താ എനിക്ക് വേറെങ്ങും വേറെങ്ങും ഒരാശ്രയമില്ല എനിക്ക് മറ്റാരെയും ആശ്രയിക്കാനില്ല എനിക്ക് എൻ്റെ ദൈവത്തെ മാത്രമേ ആശ്രയിക്കാനുള്ളൂ എന്ന മനോഭാവമാണ് സാക്ഷാൽ വിധവയുടേത് അക്ഷരാർത്ഥത്തിൽ വിധവയായ ചില ആളുകൾ നമ്മൾ അടുത്ത് ചെന്ന് അവരെ പരിചയപ്പെടുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ഉള്ളിൽ വിധവമാരല്ല എന്ന് കാണാൻ കഴിയും അവർക്ക് പല പിടിവെള്ളികളുണ്ട് അവർക്ക് പല ബലങ്ങളുണ്ട് എന്നാൽ സാക്ഷാൽ വിധവ ഒരു പക്ഷേ അക്ഷരാർത്ഥത്തിൽ വിധവയല്ലാത്ത ഒരു സഹോദരിക്കും സാക്ഷാൽ വിധവയാകാൻ കഴിയും ഒരു സഹോദരന് സാക്ഷാൽ വിധവയുടെ മനോഭാവം പുലർത്താനായിട്ട് കഴിയും പ്രിയപ്പെട്ടവർ പ്രാർത്ഥനയ്ക്കായിട്ട് ചെല്ലുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു സാക്ഷാൽവിധവയുടെ എന്ന് പറഞ്ഞാൽ തീർത്തും നിസ്സഹായതയോടെ മറ്റെങ്ങും ഒരു ആലംബം ഇല്ലാത്തവനെപ്പോലെ ഇല്ലാത്തവളെപ്പോലെ എനിക്കെൻ്റെ കർത്താവ് മാത്രമേ ഉള്ളൂ എന്നുള്ള നിസ്സഹായതയോടെ അതുകൊണ്ട് മറുപടി താമസിച്ചാലും എനിക്ക് വേറെ പോകാൻ ഒരു സ്ഥലമില്ല എന്നുള്ള മനോഭാവത്തോടെ നിരന്തരം ദൈവസന്നിധിയിൽ ചെല്ലുന്ന ആ ഒരു മനോഭാവം അതിനെയാണ് ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്നത് ഒന്ന് തീമത്തേ ദിവസം അഞ്ചിൻ്റെ അഞ്ചിൽ നമ്മളവിടെ കാണുന്നത് നമ്മൾ ആവർത്തന പുസ്തകത്തിൽ നമ്മൾ ഇതിനോട് ചേർത്ത് ഒരു വാക്യം നമുക്ക് കാണാനായിട്ട് കഴിയും ആവർത്തന പുസ്തകം അതിൻ്റെ പത്താം അധ്യായത്തിൻ്റെ പത്താം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളിൽ ആകേലെ ഇസ്രായേലി ദൈവത്തെ ഭയപ്പെട്ട് നടക്കുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നു അപ്പോൾ ദൈവം ആ ദൈവം ത്തെക്കുറിച്ച് പറയുക ദൈവത്തിൻ്റെ പല പ്രത്യേകതകളാണ് പന്ത്രണ്ട് മുതൽ പറയുന്നത് അതിൻ്റെ അകത്തെ ഒരു വാക്യത്തിൻ്റെ ഒരു ശകലം മാത്രമാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം അവൻ അനാഥർക്കും വിധവമാർക്കും ന്യായം നടത്തി കൊടുക്കുന്നു ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അവിടെ പറയുന്നത് ദൈവത്തെക്കുറിച്ചാണ് മുകളിൽ നിന്ന് പറഞ്ഞു വരുന്നത് അവിടെ അവൻ എന്ന് പറയുന്നത് ദൈവമാണ് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ ദൈവം ആർക്കെങ്കിലും ന്യായം നടത്തി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ന്യായം നടത്തി കൊടുക്കുന്നത് അവിടുന്ന് ആർക്കാണ് കൊടുക്കുന്നത് അനാഥനും വിധവയ്ക്കും കണ്ടോ നമ്മൾ ലൂക്കോസിൻ്റെ സുശേഷത വായിച്ചത് ന്യായാധിപനാണ് ഇവിടെ ന്യായം നടത്തി കൊടുക്കുകയാണ് ന്യായം നടത്തി കൊടുക്കുന്നത് ആർക്കാണ് ന്യായ ദൈവം നടത്തി കൊടുക്കുന്നത് അനാഥനും വിധവയ്ക്കുമാണ് ന്യായം നടത്തി കൊടുക്കുന്നത് അനാഥൻ വിധവയെ പോലെ തന്നെയാണ് അവനും വേറെ വേറെ എങ്ങും ഒരു നാഥനില്ല അനാഥൻ എന്ന വാക്ക് തന്നെ വേറെ എങ്ങും നാഥനില്ല എന്നാണല്ലോ അനാഥനാണവൻ അവനാകപ്പാടെ ഒരു നാഥനേ ഉള്ളൂ അതാരാ ദൈവം അതുകൊണ്ടവൻ എപ്പോഴും ദൈവത്തിൻ്റെ അടുത്ത് പോകാൻ അല്ലാതെ വേറൊന്നും അവനറിയില്ല വിധവ അവൾക്ക് മറ്റുള്ളവരെപ്പോലെ മറ്റ് സ്ത്രീകളെപ്പോലെ അവരുടെ ഭർത്താക്കന്മാരെ ആശ്രയിക്കാനായിട്ടില്ല അതുകൊണ്ട് അവൾ ദൈവത്തെ ആശ്രയിക്കുന്നു അതുകൊണ്ട് ദൈവവും എന്തു ചെയ്യുന്നു അനാഥനും വിധവയ്ക്കും ന്യായം നടത്തി കൊടുക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഒരു സ്വഭാവം നമ്മൾ പലപ്പോഴും പറയില്ലേ ദൈവം വളരെ നിഷ്പക്ഷനാണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ദൈവവചനം ശ്രദ്ധിച്ച് പഠിച്ചാൽ ദൈവത്തിന് ചില പക്ഷാഭേദങ്ങളുണ്ടെന്ന് കാണാം നിങ്ങൾ പറയും ബ്രതർ പറഞ്ഞ് പറഞ്ഞ് കാട് കയറുകയാണ് എന്ന് പറയും പക്ഷെ അങ്ങനെയല്ല ദൈവത്തിന് ചില പക്ഷവാദിത്വങ്ങളുണ്ട് ദൈവം ദൈവത്തെക്കുറിച്ച് തന്നെ പറയുന്നത് എന്താ അനാഥരുടെയും വിധവന്മാരുടെയും ദൈവം അപ്പം വേറെ ആരുടെയും ദെയ്യമല്ലേ വേറെ ആളുകളുടെ എല്ലാവരുടെയും ദെയ്യമാണ് പക്ഷെ ദൈവത്തിനൊരു ഒരു സോഫ്റ്റ് കോർണർ ആരോടുണ്ട് അനാഥനോടും വിധവയോടുമുണ്ട് പ്രിയപ്പെട്ടവർ നമ്മൾ കർത്താവിൻ്റെ ആ സോഫ്റ്റ് കോർണറിൽ നിൽക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി നമ്മൾ അനാഥൻ്റെയും വിധവയുടെയും ഒരു മനോഭാവത്തിൽ നിന്നാൽ മതി അക്ഷരാർത്ഥത്തിൽ അനാഥനോ വിധവയോ ആകണമെന്നില്ല നമുക്ക് ചില ബന്ധങ്ങൾ ഉണ്ടാവാം പക്ഷേ ആന്തരികമായിട്ട് നമ്മളൊരു വിധവയുടെ അനാഥൻ്റെ മനോഭാവത്തിൽ നിൽക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഈ ദൈവം എന്തു ചെയ്യും ദൈവത്തെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് അവൻ എന്തോ ചെയ്യും അനാഥനും വിധവയ്ക്കും ന്യായപാലനം ചെയ്ത് കൊടുക്കും അത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ് ദൈവത്തിന് തൻ്റെ സ്വഭാവം മാറ്റാൻ ഒക്കുകയില്ല നമുക്കെന്താണ് ചെയ്യാൻ ഒക്കുന്നത് ദൈവത്തിൻ്റെ ഈ സ്വഭാവം മനസ്സിലാക്കി നാം അനാഥൻ്റെ ഷൂസിൽ നിന്നാൽ വിധവയുടെ ഷൂസിൽ നിന്നാൽ മതി അങ്ങനെ നിൽക്കാതെ നമ്മൾ നമ്മിൽ തന്നെ ബലമുള്ള ഒരാളെപ്പോലെ നിന്നാൽ ദൈവത്തിനും എന്ത് ചെയ്യാനൊക്കെ ഇല്ല നമുക്ക് ന്യായം പാലിച്ച് തരാനായിട്ട് ഒക്കുകയില്ല എന്നാണ് ഈ പഴയ നിയമ ഭാഗം പോലും നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് അവൻ അനാഥർക്കും വിധവന്മാർക്കും ന്യായം നടത്തി കൊടുക്കുന്നു പരദേശിയെ സ്നേഹിച്ച് അവൻ അന്നവും വസ്ത്രവും നൽകുന്നു പരദേശിയും ഇതുപോലെയാണ് മറ്റൊരു നാട്ടിൽ നിന്ന് വന്നവനാണ് പ്രവാസിയാണ് പ്രവാസിക്കും അവിടെ ഒരു സിറ്റിസൺഷിപ്പില്ല വേറെങ്ങോ അഭയമില്ലാത്തവർ നിസ്സഹായർ ദൈവത്തെ മാത്രം മുറുകെ പിടിക്കുന്നവർ അങ്ങനെ ആയിരിക്കാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു പ്രാർത്ഥനയ്ക്കായിട്ട് വരുമ്പോൾ ആ ഒരു മനോഭാവമില്ലാതെ നമ്മൾ തന്നെയുള്ള നിറവോടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മിൽ തന്നെയുള്ള ബലത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ നമുക്ക് ന്യായം പാലിച്ചു തരാൻ കഴിയാതെ പോകും എന്ന കാര്യമാണ് നമ്മളിതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത് പഴയ നിമിമത്തിലെ തന്നെ മറ്റ് രണ്ട് വാക്യങ്ങളെ നമുക്ക് നോക്കാം യശിയാവിൻ്റെ പുസ്തകം അൻപത്തിയേഴിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം നമ്മൾ പലപ്പോഴും വായിക്കാറുള്ളതാണ് ദൈവത്തെക്കുറിച്ച് പറയുക ദൈവം ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമം അവൻ എന്തോ പറയുന്നു അവൻ ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു പക്ഷേ താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപം ഉള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയുമുള്ളവരോടുകൂടിയും വസിക്കുന്നു ദൈവം കണ്ടോ ദൈവം വലിയവനാണ് വലിയവനായ ദൈവത്തിന് പക്ഷെ ഒരു പക്ഷപാതിത്വമുണ്ട് ആരോട് താഴ്മയുള്ളവരോട് മറ്റെങ്ങും അഭയമില്ലാത്തവരോട് അൻപത്തിയേഴാമത്തെ ശിയാവൻ്റെ പുസ്തകം അൻപത്തിയേഴിൻ്റെ ഈ പതിനഞ്ചാമത്തെ വാക്യം പ്രിയപ്പെട്ടവരെ അത് ദൈവത്തിൻ്റെ സ്വഭാവത്തെ കാണിക്കുന്ന ഒരു വാക്യമാണ് അറുപത്തി ആറാമത്തെ അറുപത്തിയാറാമത്തെ ഏശയാവിൻ്റെ പുസ്തകം അറുപത്തിയാറാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ അതിൻ്റെ രണ്ടാമത്തെ വാക്യവും ഈ കാര്യം തന്നെ ദൈവത്തിൻ്റെ ഈ പ്രത്യേകതയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് ഏശയാവ് അറുപത്തി രണ്ടാമത്തെ വാക്യം അവിടെ ഇതാ എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും ദൈവത്തിനാരെ കടാക്ഷിക്കാൻ ഒക്കെയുള്ളൂ ദൈവത്തിനെ കടാക്ഷിക്കാൻ ഒക്കുന്നത് അരിഷ്ടൻ തന്നിൽ തന്നെ ആ നിലയിൽ ബലമില്ലാത്തവൻ മനസ്സ് തകർന്നവൻ ദൈവവചനത്തിന് മുൻപാകെ വിറയ്ക്കുന്നവൻ അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ദൈവം കടാക്ഷിക്കും പഴയ നിയമത്തിലെ മൂന്ന് വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത് ആവർത്തന പുസ്തകം പത്തിൻ്റെ പന്ത്രണ്ട് എശയാവ് അൻപത്തേഴിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം അറുപത്താറിൻ്റെ രണ്ട് ഈ രണ്ട് മൂന്ന് വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇതെല്ലാം ഒരു വിധവ സാക്ഷാൽ വിധവ സാക്ഷാൽ അനാഥൻ ആ മനോഭാവത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് അങ്ങനെയുള്ളവരെ മാത്രമേ ദൈവത്തിന് സഹായിക്കാൻ കഴിയുള്ളൂ ഈ ഒരു വ്യക്തതയോടെ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലണം നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ ഒരു ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലുന്നു പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലുന്ന പ്രാർത്ഥന ഒരു വശത്ത് പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലുന്ന നമ്മൾ മറ്റൊരു വശത്ത് രണ്ടായിട്ട് പലപ്പോഴും മുറിഞ്ഞ് കിടക്കുക നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഈ പ്രാർത്ഥന ഇത്രയും നേരം അങ്ങ് പെർഫോം ചെയ്യുമ്പം ദൈവം അതി പ്രസാദിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുക പറഞ്ഞത് വ്യക്തമായോ ഇത് മതങ്ങളുടെ ഒരു പൊതു സ്വഭാവം മതങ്ങളുടെയൊക്കെ ചിന്ത എന്താ ദൈവത്തെ ചിലത് ചെയ്തും കൊടുത്തും പ്രസാദിപ്പിക്കാം എന്നുള്ളതാണ് മതങ്ങളുടെ പൊതുചിന്ത നമ്മളും ചിലപ്പം ഒരു മതബോധത്താൽ സ്വാധീനിക്കപ്പെട്ട് നമ്മൾ വിചാരിക്കും ഇപ്പോൾ ചിലർ പറയലേ ആ ഇന്നലെയും മിനിയാന്നും ഞങ്ങൾ ഉപവാസത്തോടെ പ്രാർത്ഥനയായിരുന്നു അപ്പോൾ ചിലർ ബ്രതറെ മൂന്ന് ഒരു നേരവും കഴിച്ചില്ല ഇല്ലേ ഒരു നേരവും കഴിച്ചില്ല ആ ഒരു നേരവും കഴിച്ചില്ല മൂന്ന് ദിവസം പട്ടിണി ഇരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു അപ്പം ഒരു ദിവസം മാത്രം മീറ്റിങ്ങിനെ സംബന്ധിക്കാൻ പറ്റിയ ആൾ വിചാരിക്കുമോ ഞാൻ എന്തോ കുറവുള്ള ആളാണ് കാര്യം മറ്റേ മൂന്ന് ദിവസം ഇരുന്നു ഞാൻ ഒരു ദിവസമേ ഇരുന്നുള്ളൂ സഹോര സഹോരി നീ മൂന്ന് ദിവസം ഇരുന്നാലും വിധവയുടെ ായിട്ട് വിധവയായിട്ട് സാക്ഷാൽ വിധവയായിട്ട് നീ ഇരുന്നില്ലെങ്കിൽ നിൻ്റെ പ്രാർത്ഥന ഈ മേൽക്കൂരയുടെ മേളിലോട്ട് പോവുകയില്ല എന്ന ഞെട്ടിക്കുന്ന സത്യമാണ് നമ്മൾ ഈ വിധവയുടെ ഉപമയിൽ നിന്ന് കണ്ടെത്തുന്നത് ഫോക്കസ് എവിടെയാണ് ഊന്നൽ എവിടെയാണ് അവളുടെ അവൾ അവളിലാണ് അവളിലാണ് സാക്ഷാൽ വിധവയാണോ എന്നുള്ളതിലാണ് മനസ്സ് തകർന്നവനാണോ അരിഷ്ടനാണോ അവനെ കടാക്ഷിക്കും അവനെ കടാക്ഷിക്കും ഫോക്കസ് ആ വ്യക്തിയിലാണ് വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളിലല്ല മതങ്ങളെപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ കൂന്നൽ അത് ചെയ്യുന്ന ആളിനെ ഗൗരവമായിട്ട് എടുക്കാറില്ല എന്നാൽ ഇവിടെ കണ്ടോ നമ്മളിവിടെ സാക്ഷാത്വിധവാ എന്ന് പറഞ്ഞതിനോട് ചേർത്ത് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലും ചെല്ലുമ്പോൾ ദൈവമുഖം അന്വേഷിക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് എന്നുള്ളത് ദൈവം കണക്കിലെടുക്കുന്നു എന്ന കാര്യം നമുക്ക് അതിൽ നിന്ന് ചിന്തിക്കാനായിട്ട് കഴിയും രണ്ടാമത്തെ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരിക രണ്ടാമത് കർത്താവ് ഇതിനോട് ചേർത്ത് ഒരു ഉപമ പറയുന്നുണ്ടല്ലോ ആ ഉപമയിൽ ആ ഉപമ അതും നമുക്കറിയാം അതിൻ്റെ ഒൻപത് മുതൽ ലൂക്കോസ് പതിനെട്ടിൻ്റെ ഒൻപത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ രണ്ടു പേര് ദേവാലയത്തിൽ പ്രാർത്ഥിപ്പാൻ ചെന്നു ഒരുത്തൻ പരീശൻ മറ്റവൻ ചുങ്കക്കാർ കണ്ടോ ആദ്യം കർത്താവ് ഒരാളുടെ ഒരു വിധവയുടെ കഥ പറഞ്ഞു പിന്നെ കാര്യങ്ങൾ കുറച്ചുകൂടെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ വിശദീകരിക്കാൻ രണ്ട് കഥാപാത്രങ്ങളെ കൊണ്ടുവന്ന് ഈ രണ്ട് കഥാപാത്രങ്ങളും രണ്ട് വിരുദ്ധ ചേരികളിൽ പെടുന്നവരാണ് വളരെ കോൺട്രാസ്റ്റുള്ള രണ്ട് കഥാപാത്രങ്ങളാണ് ഒരുത്തൻ ചുങ്കക്കാരൻ മറ്റവൻ പരീശൻ പരീശൻ എന്താണ് പരീശൻ എല്ലാ കാര്യവും കൃത്യമായിട്ട് ചെയ്യുന്ന വളരെ മതബോധമുള്ള ഒരാളാണ് പരീശൻ ആ പരീശൻ്റെ പ്രാർത്ഥന അതിനെക്കുറിച്ചാണ് ആദ്യം അവിടെ പറയുന്നത് പരീശൻ ദേവാലയത്തിൽ ചെന്ന് അവൻ പറയുന്നത് എന്താ പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ ദൈവമേ പിടിച്ചു നീതികെട്ടവർ വ്യഭിചാരികൾ മുതലായ മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെപ്പോലെയോ ഞാനല്ലായികിയാൽ നിന്നെ വാഴ്ത്തുന്നു പിന്നെയും ആ പ്രാർത്ഥന നീണ്ടു ആഴ്ചയിൽ രണ്ടു വട്ടം ഉപവസിക്കുന്നു നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥന ഈ പ്രാർത്ഥനയുടെ കുഴപ്പമെന്താ നമുക്കറിയാമല്ലോ പരീശൻ എന്ത് എന്ത് കിട്ടിയില്ല ദൈവത്തിൽ നിന്ന് നീതീകരണം കിട്ടിയില്ല ഈ പരീശൻ്റെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രശ്നമെന്താ അവിടെ ഒരു ഒരു സൂചന അതിൽ നമുക്ക് കാണാൻ കഴിയും ഏ ഒരുത്തൻ പരീശൻ മറ്റേ പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ ദൈവമേ നമ്മളവിടെ അങ്ങ് നിർത്തിയെന്നിരിക്കട്ടെ ഏഹ് അങ്ങനെ നിർത്തിയാൽ കുറച്ചുകൂടെ അവൻ്റെ മനോഭാവത്തിലേക്കത് അത് വെളിച്ചം വീശു പരീക്ഷൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ ദൈവമായി അപ്പോൾ അവൻ്റെ ദൈവം ആരാ ഒരളവിലവൻ തന്നെ അവൻ്റെ ദൈവം അവൻ അതിൻ്റെ അകത്ത് പറയുന്നതെല്ലാം നോക്കുക അവൻ്റെ കേന്ദ്രം അവൻ തന്നെയാണ് ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ആരാ ഞാന് ഞാനെല്ലാം കൃത്യമായി ചെയ്യുന്നവനാണ് ഈ പരീക്ഷന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ അവിടെ അവൻ പറയുന്നു ഞാൻ എന്ത് ചെയ്യുന്നു ആഴ്ചയിൽ രണ്ടു വട്ടം ഉപവസിക്കുന്നു നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ചാണല്ലോ പറഞ്ഞു വരുന്നത് അപ്പം പ്രാർത്ഥനയ്ക്ക് പറ്റിയ നമുക്കൊരു ഫാസ്റ്റിംഗ് പ്രെയർ ഉണ്ടെങ്കിൽ അതിന് മുഖ്യ അതിഥിയായിട്ട് വിളിക്കാൻ കൊള്ളാവുന്ന ആളാണ് ആര് ഈ പരീക്ഷയും കാര്യം അദ്ദേഹം ആഴ്ചയിൽ രണ്ടു വട്ടം ഉപവസിക്കുന്നു ഈ പഴയ നിയമത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ മക്കളോട് ആകപ്പാടെ ദൈവോചനം പറഞ്ഞിട്ടുള്ളത് വർഷത്തിൽ ഒരു ദിവസം ഉപ ഉപവസിച്ചാൽ മതി മഹാപാപരിഹാര ദിവസം പാപപരിഹാര ദിവസം അറ്റോൺമെൻറ്റിൻ്റെ ഡേയിലാണ് ഇവരോട് പറഞ്ഞിട്ടുള്ളത് ഉപവസിക്കാൻ പറഞ്ഞിട്ടുള്ളു അപ്പം വർഷത്തിൽ ഒരിക്കൽ ഉപവസിക്കാൻ മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തിനിടയിൽ ഒരിക്കൽ ഉപവസിക്കാനാണ് ദൈവം ആവശ്യപ്പെട്ടത് പരീശനോ പരീശൻ അവൻ്റെ മതബോധം കൊണ്ട് അത് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് വന്ന് ആഴ്ചയിൽ രണ്ടു വട്ടം അവന് ഉപവസിക്കുന്നു അവരുടെ രീതി അനുസരിച്ച് പരീശന്മാരുടെ രീതി അല്ലെങ്കിൽ ഇസ്രായേലിലെ ഈ പരീശന്മാരുടെ രീതി അവർ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ് ഈ നിലയിൽ ഉപസിക്കുക എന്നാണ് പറയുന്നത് ഏഹ് നമ്മൾ വെള്ളിയാഴ്ചയാണല്ലോ നമ്മൾ അതായത് ഈ ശനിയാഴ്ചയാണല്ലോ പരീശൻ്റെ അല്ലെങ്കിൽ യഹൂദൻ്റെ ആ നിലയിലുള്ള ശപത്ത് ദിവസം അപ്പോൾ വെള്ളിയാഴ്ച ഉപസിച്ചാൽ പിന്നെ പിറ്റേന്ന് പിറ്റേന്ന് ശപത്തുമൊക്കെയാണ് അതുകൊണ്ട് അവൻ ഒരു ദിവസം മുമ്പേ വ്യാഴാഴ്ച അവന് ഞായറാഴ്ച പരിപാടിയില്ല അതുകൊണ്ട് അവന് തിങ്കളാഴ്ച തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ് ഈ പരീശന്മാർ പൊതുവെ ഉപവസിക്കുക അങ്ങനെ ഉപവസിക്കുന്നു ആഴ്ചയിൽ രണ്ട് ഉപവസിക്കുന്നു ഒരു വർഷത്തിൽ ഒന്ന് മതി അങ്ങനെ ഉണ്ടെങ്കിൽ ഇവൻ എത്ര മടങ്ങ് വർഷത്തിൽ അമ്പത്തിരണ്ടാഴ്ചയുണ്ട് അമ്പത്തിരണ്ട് ഓണം രണ്ട് അത്രയും ആ കണക്കറിയാവുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ അത്രയും വട്ടം അത്രയും വട്ടം അവർ അവന് അവന് ഉപസിക്കുന്നവന് ഒരു വട്ടം ഉപ ഉപവസിക്കാൻ പറഞ്ഞപ്പോൾ ഇവിടെ ഇതാ അതിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതൽ ഉപവസിക്കുന്ന ഈ പരീശൻ അവൻ സ്വയമൊന്ന് പുകഴ് പുകഴുകയാണ് ഞാനെന്ത് ചെയ്യുന്നു ഞാൻ രണ്ടു വട്ടം ഉപസിക്കുന്നു നേടുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നു അവന് അവൻ്റെ ഊന്നൽ നമ്മൾ വളരെ വേഗത്തിൽ പറഞ്ഞു വന്നാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഊന്നൽ തന്നിൽ തന്നെയാണ് താനാണ് താനാണ് താനാണ് അതുപോലെ അവൻ്റെ ആ പ്രാർത്ഥന നോക്കുക ആ പ്രാർത്ഥനയിൽ അവനെക്കുറിച്ചൊരു ആവശ്യബോധമില്ല എന്നുവെച്ചാൽ ദൈവ എനിക്ക് ഇന്നത് ചെയ്തു തരണേ എന്നൊരപേക്ഷ അവൻ്റെ ആ പ്രാർത്ഥനയിൽ എവിടെങ്കിലും കാണാൻ കഴിയുമോ നിങ്ങൾ നോക്കുക അവിടെ അവൻ്റെ പതിനൊന്നാമത്തെ വാക്യവും പന്ത്രണ്ടാമത്തെ വാക്യമാണല്ലോ പതിനൊന്നാമത്തെ വാക്യത്തിൽ ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല എന്നിട്ട് പന്ത്രണ്ടിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞങ്ങ് പ്രാർത്ഥന അവസാനിപ്പിക്കുക അല്ലാതെ നമ്മളൊക്കെ ആണെങ്കിൽ സാധാരണ പ്രാർത്ഥനയ്ക്കകത്ത് എന്തുണ്ട് നമുക്ക് ദൈവ എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം മാറ്റിത്തരണേ അല്ലെ ഭൗതികമായ ആവശ്യങ്ങളാണെങ്കിൽ നമ്മളതൊക്കെ പറയാറുണ്ട് ഇവന് അവൻ്റെ ഒരു നീടിനെ കുറിച്ചുള്ള ബോധ്യമില്ല അവൻ എന്ത് എന്തു വേണ്ട അവന് ദൈവത്തിൻ്റെ സഹായം ഒരളവിൽ ആവശ്യമില്ല ഇതൊരു പ്രാർത്ഥനയ്ക്കുള്ള ഒരു നിഷേധാത്മകമായ ഉപമയാണിത് ഈ പ പരീക്ഷൻ്റേത് അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു ആവശ്യബോധമില്ലെങ്കിൽ ഒന്നാമത് നമ്മൾ പറഞ്ഞു അവൻ അവനിൽ തന്നെ ഒരു അവനിൽ തന്നെ നിറഞ്ഞു നിൽക്കുക രണ്ട് അവന് ഒരു ആവശ്യബോധമില്ല അവന് സ്വയം തന്നെ തന്നെ അഭിനന്ദിക്കുകയാണ് ഈ പ്രാർത്ഥനയിലൂടെ അതിനെ പ്രാർത്ഥന എന്ന് തന്നെയല്ല അവൻ നിന്നുകൊണ്ട് പറഞ്ഞു എന്നാണ് അപ്പം നമുക്ക് ഇവൻ്റെ ഈ പരീക്ഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പല കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും ഒന്ന് അവൻ അവൻ്റെ ഊന്നൽ തന്നിൽ തന്നെ ആയിരുന്നു രണ്ട് അവനൊരാവശ്യബോധം ഉണ്ടായിരുന്നില്ല മൂന്നാമത് നമ്മൾ കാണുന്നത് അവൻ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞ് പറയുന്നത് എന്താ ദൈവമേ പിടിച്ചുപറിക്കാർ നീതികെട്ടവർ വിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെപ്പോലെയോ അപ്പോൾ ഇവന് പ്രാർത്ഥിക്കുമ്പോൾ നോക്കുമ്പം ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും അവൻ രണ്ടായിട്ട് തിരിക്കുക ഒരു വശത്ത് ആരാ ഒരു വശത്ത് ഞാൻ മറുവശത്തോ ശേഷം മനുഷ്യർ ശേഷം മനുഷ്യർ ശേഷം മനുഷ്യർ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും അംഗേവശത്ത് നിർത്തി താൻ ഇപ്പുറത്ത് നിർത്തി എന്നിട്ട് താൻ പറയും ഈ ശേഷം മനുഷ്യരെ പോലെ ഞാനല്ലാത്തതിനാൽ നിന്നെ സ്തുതിക്കുന്നു നോക്കുക അഹങ്കാരത്തിന് കൈയും കാലും മുളച്ചതുപോലെ ഒരു ഒരു പ്രസ്താവനയാണിത് ഏഹ് അല്ലേ മുഴുവൻ മനുഷ്യരെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെ അവൻ എന്ത് ചെയ്തു അവനൊരൊറ്റ വാക്കുകൊണ്ട് ശേഷം മനുഷ്യരെ പോലെ അല്ലല്ലോ ഞാൻ മുഴുവൻ മനുഷ്യരെ അവൻ മറച്ചേരിയിൽ നിർത്തി അവരെ നോക്കി അവരൊക്കെ കുറഞ്ഞവരായിട്ട് കണ്ടു എന്നിട്ടങ്ങനെ ഒരു പൊതു ശേഷം എന്ത് ചെയ്തു മുഴുവൻ മനുഷ്യരെ അങ്ങനെ നോക്കിയതിന് ശേഷം മുതലായ ശേഷം മനുഷ്യരെ പോലെയോ എന്ന് പറഞ്ഞിട്ട് ആ അവന് ആ ദേവാലയത്തിൽ നോക്കി അതിൽ നിന്ന് ഒരു ഒരു പ്രത്യേക ആളിനെ ചൂണ്ടിക്കൊണ്ട് പറയുക ഈ ചുങ്കക്കാരനെ പോലെയോ ചുങ്കക്കാരൻ മാത്രമാണോ ഒരു പക്ഷേ അവിടെ ഉണ്ടായിരിക്കുക വേറെയും വേറെയും പരി പരീശന്മാരും ആളുകൾ അവിടെ പ്രാർത്ഥിക്കാൻ നിന്ന് കാണും എന്നാൽ നമ്മളുടെ ഈ കഥാപാത്രമായ പരീശൻ വേറെ ആരെയും കണ്ടില്ല തന്നെക്കാളും കുറഞ്ഞ ഒരാൾ സമൂഹമാ നിലയിൽ മോശക്കാരനെന്ന് വിചാരിക്കുന്ന ഒരു ചുങ്കക്കാരനെയാണ് അവനോടാണ് തന്നെ തന്നെ താരതമ്യപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ വളരെ വേഗത്തിൽ പോകുന്നതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാതെ പോകാനുള്ള പല കാര്യങ്ങളാണ് ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും തന്നെക്കാൾ ചെറുതായിട്ട് കണ്ടു എന്നിട്ട് അവൻ ആരോടെങ്കിലും തന്നെ തന്നെ താരതമ്യപ്പെടുത്തുന്നെങ്കിൽ തന്നെക്കാളും മോശപ്പെട്ട ആളുകളോടാ താരതമ്യപ്പെടുത്തുന്നു നമ്മളെപ്പോഴും എങ്ങനെയാണ് നമ്മളെക്കാൾ മെച്ചപ്പെട്ട ആളുകളോടാണോ നമ്മൾ താരതമ്യപ്പെടുത്തുന്നത് ആത്മീയതയുടെ കാര്യം വരുമ്പോൾ അതോ നമ്മളെക്കാൾ മോശപ്പെട്ട ഒരാളോട് താരതമ്യപ്പെടുത്തി ഈ ചുങ്കക്കാരനെ പോലെയോ ഞാനല്ലാത്തതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു എന്ന് പറഞ്ഞാൽ അവിടെ അവൻ തൻ്റെ കൂടുള്ള സഹോദരനെ അവനെ അംഗീകരിക്കാതെ അവനെ ഡിസ്പേസ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് താരതമ്യം ആ നിലയിലാണ് വരുന്നത് പിന്നീട് ഇവൻ്റെ പ്രാർത്ഥനയിലെ മറ്റൊരു കാര്യം നമ്മൾ മുമ്പേ പറഞ്ഞ ആ ഘടകം കൂടെ കണ്ടെത്താൻ കഴിയും അതെന്താ അവന് ദൈവത്തിൻ്റെ മുമ്പാകെ അവന് പ്രസാദം കിട്ടാനായിട്ട് അവൻ പ നിരത്തി വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് അവൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ആഴ്ചയിൽ രണ്ടു വട്ടം ഉപസിക്കുന്നു നേടുന്നതിലൊക്കെ പരിതാരം കൊടുക്കുന്നു മുമ്പേ നമ്മൾ പറഞ്ഞു മതബോധത്തിൻ്റെ ഒരു ചിന്തയാണത് വ്യക്തിയല്ല പ്രധാനം വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളാണ് പരീശൻ ഒരു നീണ്ട ലിസ്റ്റ് കൊണ്ടുവരുന്നുണ്ട് താൻ ഇതൊക്കെ ചെയ്യുന്നു ഞാൻ പതരം കൊടുക്കുന്നു ഞാൻ ഉപവസിക്കുന്നു വർഷത്തിൽ ഒന്ന് വേണ്ടടുത്ത് ഞാൻ രണ്ട് വട്ടം വീതം ആഴ്ചയിൽ ചെയ്ത് ഇത്രയും ദീർഘ ഉപവാസങ്ങൾ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവനവൻ്റെ ലിസ്റ്റ് ആ അങ്ങനെ ചെയ്യുന്നത് നീ എന്നെ അങ്ങ് പ്രസാദിച്ചേര് ഇതാണ് അവൻ്റെ മനോഭാവം പ്രിയപ്പെട്ടവരെ ഇവിടെ നിന്നും നമുക്ക് എടുക്കാവുന്നത് അവന് അവനാ ഇതിനെക്കുറിച്ചൊരു ബോധ്യമില്ലാത്തവനായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അതിൻ്റെ മറുവശത്ത് മറുവശത്ത് ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന എന്താ ചുങ്കക്കാരൻ അതിൻ്റെ ഒരു അതിന് നേരെ എതിര അവനെന്ത് ചെയ്തു അവൻ ദൂരത്താ നിന്നത് ദൂരത്താ നിന്നത് മുകളിലേക്ക് സ്വർഗത്തിലേക്ക് കണ്ണുയർത്താൻ അവന് ലജ്ജയായിരുന്നു ദൂരത്ത് നിന്നു സ്വർഗ്ഗത്തേക്ക് കണ്ണുയർത്താൻ ലജ്ജിച്ചു അവൻ മാറത്തടിച്ചു മാറത്തടിച്ചപ്പോൾ അവൻ പറയുക ഈ പാവിയായ എന്നോട് കരുണയുണ്ടാകണമേ അവൻ്റെ പ്രാർത്ഥന ദീർഘമല്ല അവൻ്റെ പ്രാർത്ഥനയിലെ പ്രത്യേകത അവന് ചെയ്യുന്ന കാര്യങ്ങളൊന്നും പറയാനില്ല അവന് പിന്നെ ദൈവസന്നിധി കൊണ്ടുവരാൻ ഒരാളേ ഉള്ളൂ അതാര അവൻ തന്നെ വ്യക്തിയെ തന്നെ കൊണ്ടുവരിക പക്ഷെ ആ വ്യക്തി പാവിയാണ് പക്ഷേ പാവികളെയാണ് ദൈവം നീതികരിക്കുന്നത് അതുകൊണ്ട് അവൻ നീതികരിക്കപ്പെട്ടവനായിട്ട് വീട്ടിൽ പോയി ഇവൻ ഈ ചുങ്കക്കാരൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നു അല്ല ക്ഷപിക്കണം പരീശൻ്റെ ആ ഒരു ഹാങ് ഓവർ ഇല്ലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ചുങ്കക്കാരൻ അവിടെ നിൽക്കുമ്പോൾ ചുങ്കക്കാരനും പരീശനെ പോലെയുള്ള ഒരു മനോഭാവമുള്ളവനായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ നിലയിൽ അവൻ ഒരു പാപബോധമില്ലാത്തവനായിരുന്നെങ്കിൽ ഈ പരീശനെ പോലെ സ്വയനീതീകരണക്കാരനായിരുന്നെങ്കിൽ അവൻ എന്തെല്ലാം പറയാമായിരുന്നു അവ നോക്കുമ്പം ചുങ്കപ്പിരിവുകാർ ചുങ്കക്കാരുടെ പ്രത്യേകത എന്താണ് ചുങ്കക്കാരെ എന്തിനാണ് കർത്താവിത്രയും പറയുന്നത് അല്ലെങ്കിൽ അന്നത്തെ സമൂഹം പാവികളായിട്ട് കണ്ടത് എന്തുകൊണ്ടാണ് സർക്കാർ ജീവനക്കാരാണിവർ ഇവരെന്തു ചെയ്യും ഇവരെ ചുങ്കപ്പിരിവാണിവരുടെ പ പരിപാടി പക്ഷേ ഈ പാവപ്പെട്ട ആളുകൾക്ക് എത്ര ചുങ്കം കൊടുക്കേണ്ടത് ടാക്സ് എത്ര കൊടുക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ അവർ വന്ന് പാവപ്പെട്ട വിധവയോടും പാവപ്പെട്ട ആളുകളോടും ഒക്കെ ഇത്തവണത്തെ ചുങ്കം കൊടുത്തോ ചുങ്കം എത്ര ചുങ്കം നൂറ് രൂപ ഉദാഹരണം പറയുകയാണ് നൂറ് രൂപ സത്യത്തെ അവിടെ കൊടുക്കേണ്ടത് എത്രയുള്ളൂ പത്ത് രൂപയേ ഉള്ളൂ എന്നാലും ഇവൻ ഈ നൂറ് രൂപ വാങ്ങിച്ചു കൊണ്ട് പോയി തൊണ്ണൂറ് രൂപയും സ്വന്തം കീശയിലിട്ട് പത്ത് രൂപ സർക്കാരിൽ അടയ്ക്കും പാവപ്പെട്ട ആളുകൾക്കറിയില്ല അവരെ ഭീഷണിപ്പെടുത്തിയും ഓ ചുങ്കക്കാരൻ എന്നുള്ള നിലയിൽ അങ്ങനെ വന്ന് വന്ന് അവിടുത്തെ ഒരു പ്രയോഗം തന്നെയായിത്തീർന്നു ചുങ്കക്കാരും വേശ്യമാരും സമൂഹത്തിലെ കൊള്ളാത്ത ആളുകളെക്കുറിച്ച് പറയാനായിട്ട് അന്നുണ്ടാക്കിയ ഒരു ഭാഷാശൈലിയായി തീർന്നു നമ്മൾ നോക്കുക അവിടെ പറഞ്ഞു വന്നത് ഈ ചുങ്കക്കാരൻ അവനന്ന് അവിടെ പ്രാർത്ഥിക്കാനായിട്ട് നിന്നപ്പം അവനൊരു പക്ഷേ വേണമെങ്കിൽ ഈ പരീശൻ്റെ മനോഭാവം ഉള്ളവനായിരുന്നെങ്കിൽ അവനെന്തോ പറയാമായിരുന്നു അവിടെ തന്നെ പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ ഇവനേക്കാളും പിടിച്ചുപറിക്കാരനായ വേറെ ചുങ്കക്കാരൻ കാണും ഇവന് പറയായിരുന്നു കർത്താവേ ഞാന് പാവപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്ന് പത്ത് രൂപയെ വാങ്ങിക്കുന്നുള്ളൂ എന്നാൽ എന്നേക്കാൾ മോശപ്പെട്ട തൊണ്ണൂറ് രൂപ മറ്റവരെ പീഡിപ്പിച്ച് വാങ്ങുന്ന മറ്റേ ചുങ്കക്കാരനെ പോലെ ഞാനല്ലായികിയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു എന്ന് വേണമെങ്കിൽ അവന് പറയാവ് പക്ഷേ അവന് മറ്റൊരാളോട് താരതമ്യമില്ല വളരെ വേഗത്തിൽ പറഞ്ഞു പോകുന്നതുകൊണ്ട് ശ്രദ്ധിക്കണേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ യഥാർത്ഥത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ചെല്ലുമ്പോൾ വ്യക്തിയാണ് പ്രധാനം അവൻ അവനെ തന്നെ പ്രസൻ്റ് ചെയ്യാനുള്ളൂ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ അവന് മുന്നോട്ട് കൊണ്ടുവരാനില്ല പക്ഷേ അവന് എന്തു ചെയ്തു അവൻ നീതീകരിക്കപ്പെട്ടവനായിട്ട് വീട്ടിലേക്ക് പോയി എന്നാണ് നമ്മൾ കാണുന്നത് അടുത്ത ഒരു കാര്യം കൂടെ അടുത്ത രണ്ട് കാര്യങ്ങളൂടെ നമുക്ക് വളരെ വേഗത്തിൽ നോക്കാം അതിൻ്റെ പതിനെട്ട് മുതൽ പതിനെട്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിലാണ് അവിടെ ധനവാനായ ഒരു പ്രമാണി ആ പ്രമാണി വന്നിട്ട് കർത്താവിനോട് എന്ത് പറയുന്നു കർത്താവെ നിത്യജീവനെ ഞാൻ എന്തു ചെയ്യണം അവൻ്റെ ആ ചോദ്യത്തിൽ തന്നെ അവൻ്റെ നന്മകളൊക്കെ അടങ്ങിയിട്ടുണ്ട് യേശുവിനെ എല്ലാവരും തെറ്റുപറയുന്ന ഒരു കാലഘട്ടത്തിൽ യേശുവിനെ ഇവൻ സംബോധന ചെയ്യുന്നത് നല്ല ഗുരു എന്നാണ് അതൊരു നല്ല കാര്യമാണ് രണ്ടാമതോ രണ്ടാമത് അവൻ്റെ അന്വേഷണം ഞാൻ നിത്യജീവനെ അവകാശമാക്കാനെന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇങ്ങനെ വന്നപ്പോൾ കർത്താവ് എന്തോ ചെയ്തു കർത്താവിത പത്ത് കല്പനകളിലെ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ വ്യഭിചാരം ചെയ്യരുത് കുല ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നിങ്ങനെയുള്ള രണ്ടാമത്തെ സെറ്റിലെ അഞ്ച് കൽപ്പനകൾ എടുത്തുദ്ധരിച്ചു എടുത്തുദ്ധരിച്ചപ്പോൾ തന്നെ കർത്താവ് ഒരു കൽപ്പന ബോധപൂർവം ഒഴിവാക്കി എന്താ കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത് എന്നുള്ള ആന്തരികമായ കൽപ്പന കർത്താവ് ഒഴിവാക്കി കാര്യം അതാവിനെ പറ്റിയയില്ല അവൻ അത്രത്തോളം വന്നിട്ടില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു സൂചനയോടെ കർത്താവ് അവിടെ നിർത്തി എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറയുന്നു ഞാൻ ഇതെല്ലാം ചെയ്യുന്നുണ്ട് കർത്താവ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇതെല്ലം ഉണ്ടെങ്കിലും നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് ഈ കാര്യത്തിനായിട്ടൊരു വില കൊടുക്കാൻ മനസ്സില്ല നീ ഒരു വില കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ നീ എന്തു ചെയ്താൽ ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു അവൻ എന്തോ ചെയ്തു അവൻ ധനവാനാകൊണ്ട് അവൻ അതിദുഖിതനായിട്ട് വിട്ടുപോയി കർത്താവ് പറഞ്ഞു ദൈവരാജ്യത്തിൽ കിടക്കുന്നത് ഈ സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കിടക്കുന്നത് എത്ര പ്രയാസം ഒട്ടക സൂചിക്കുഴയിലൂടെ കിടക്കുന്നത് എളുപ്പം എന്ന് പറഞ്ഞ് ആ കാര്യം അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇവിടുത്തെ പ്രശ്നം എന്താ ഇവിടുത്തെ പ്രശ്നം ഈ പ്രമാണി അവനും നല്ല ആഗ്രഹമുണ്ട് കർത്താവിൻ്റെ അടുക്കൽ വന്ന് അവനും ഒരു പ്രാർത്ഥനയാണ് കർത്താവേ എനിക്ക് നിത്യജീവൻ ലഭിക്കണം ഒരു പ്രാർത്ഥനയാണ് പക്ഷേ കർത്താവ് അവനെ കണ്ടിട്ട് അവനോട് പറയുന്നു എന്താ നീ ദൈവത്തിന് ദൈവവുമായിട്ടുള്ള നിന്റെ ബന്ധം ഒരുപക്ഷെ നീ ദൈവത്തിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും എന്നാൽ നിൻ്റെ സഹജീവികളോടുള്ള ബന്ധം എങ്ങനെയിരിക്കുന്നു കർത്താവ് ആ രണ്ടാമത്തെ കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടും നമ്മൾ ഓർക്കണം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ഒക്കെ സ്നേഹിക്കുക എന്ന് പറയുന്ന കാര്യവും അതുപോലെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുന്ന രണ്ട് കാര്യത്തിലും ഈ മുഴുവൻ ന്യായ പ്രമാണത്തെയും അടക്കാനായിട്ട് കഴിയും അങ്ങനെയുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇവനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ കാര്യം ദൈവത്തിനവൻ വേണ്ട സ്ഥാനം കൊടുക്കുന്നുണ്ട് പക്ഷേ സഹജീവികൾക്ക് അവൻ ആ കാര്യം കൊടുക്കുന്നില്ല എന്ന് കണ്ടിട്ട കർത്താവ് ആ കാര്യത്തിലേക്ക് അവൻ്റെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ് പക്ഷേ അതുകൂടെ ചെയ്ത് ദൈവത്തിൻ്റെ പ്രസാദം തേടാൻ അവന് മനസ്സില്ലായിരുന്നു അവൻ്റെ ആഗ്രഹവും അവൻ്റെ മോഹവും അവൻ്റെ ധനത്തിൽ തന്നെയായിരുന്നു അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു അവന് ദുഃഖിതനായി ദുഃഖിതനായി വിട്ടുപോയിക്കളഞ്ഞു നാം ഓർക്കണം ആദ്യത്തെ വിധവ ആ വിധവയെ സംബന്ധിച്ചിടത്തോളം ദൈവോന്മുഖമായിട്ടുള്ള കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റ് സഹജീവികളുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു കഥാപാത്രത്തെ അവിടെ കൊണ്ടുവന്നിരുന്നില്ല ഇവിടെ ഒടുവിലായിട്ടുള്ള ഈ ഈ പ്രമാണിയുടെ ധനവാനായ പ്രമാണിയുടെ കാര്യത്തിലോ ദൈവോന്മുഖമായ കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല മറിച്ചെന്താ സഹജീവികളുമായിട്ടുള്ള ബന്ധം പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് കാര്യങ്ങളും ശരിയായിരിക്കണം ദൈവത്തിനായിരിക്കണം ഒന്നാം സ്ഥാനം അതുപോലെ ദൈവം നമുക്ക് തന്നിട്ടുള്ളവരെ നാം സ്നേഹിക്കണം നമ്മെ പോലെ സ്നേഹിക്കണം അവരെ ആ നിലയിൽ കണക്കിലെടുക്കണം നമ്മെപ്പോലെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞ പറയാറുണ്ട് ദൈവം അവരെ എങ്ങനെ സ്നേഹിക്കാൻ ആഗ്രഹിക്കണോ ആ നിലയിലാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് അവരുടെ വ്യക്തിത്വത്തെയല്ല ദൈവം അവരിൽ കാണുന്ന ആ ദൈവമകനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് ഏതായാലും നമ്മൾ അവരെ സ്നേഹിക്കണം ഈ ഒരു കാര്യത്തിൽ ഇവനിതാ പരാജയപ്പെട്ടുപോയി നാലാമത്തെ സംഭവം നാലാമത്തെ സംഭവം അതിൻ്റെ പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ എന്തോ ചെയ്യുന്നു ഈ പറഞ്ഞ മൂന്ന് സംഭവത്തിൻ്റെയും അതിനെ ഒരു നക്ഷല്ലിൽ ഒരു കാണാവുന്ന ഒരു കാര്യമായിട്ട് കൊണ്ടുവരുന്നു കർത്താവ് ശിശുക്കളെ തൻ്റെ അടുക്കൽ വിളിച്ച് അവരെ അനുഗ്രഹിക്കുന്നു ഈ ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ അതിൽ പ്രവേശിക്കയില്ല എന്ന് പറയും എന്താണ് ശിശുവിൻ്റെ പ്രത്യേകത ശിശുവിൻ്റെ പ്രത്യേകത നമ്മൾ ഈ മുകളിൽ പറഞ്ഞ ഓരോ ഉപമയിലെയും പോസിറ്റീവായ ആളുകൾക്കുള്ള മനോഭാവങ്ങളെല്ലാം ശിശുവിനുണ്ട് വിധവയെപ്പോലെ ആദ്യം പറഞ്ഞ വിധവയെപ്പോലെ ശിശു നിസ്സഹായനാണ് അവന് അവൻ്റെ കുറവിനെക്കുറിച്ചും ബോധ്യമുണ്ട് ആ ചുങ്കക്കാരനെപ്പോലെ അവൻ അവൻ്റെ കുറവിനെക്കുറിച്ച് അവന് ബോധ്യമുണ്ട് അവനൊരു ആവശ്യബോധമുണ്ട് കുഞ്ഞുങ്ങളെപ്പോഴും അമ്മയോട് പറയും അമ്മ എനിക്ക് പാല് വേണം ഇന്നത് വേണം ഇന്നത് വേണം എപ്പോഴും ആവശ്യമാവുള്ളത് ആവശ്യമാവുള്ളത് അതിൽ അവനിൽ തന്നെ നിറഞ്ഞിരിക്കുന്നില്ല നിസ്സഹായനാണ് താഴ്മയുണ്ട് ചെയ്യാൻ പറയുന്നത് ചെയ്യും ആ നിലയിലുള്ള ഒരു ശിശുവിനെ ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് നോക്കുക എത്ര ഭംഗിയായിട്ട് ഈ കാര്യങ്ങളെ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നു നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട പല ഘടകങ്ങൾ ഈ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടത്തെ അധ്യായത്തിലെ വിധവയുടെ ഉപമയും ചുങ്കക്കാരൻ്റെയും പരീശൻ്റെയും ഉപമയും അതുപോലെ പ്രമാണിയായ ആ ധനികൻ്റെ സംഭവത്തിലും ശിശുക്കളെ കർത്താവ് അടുക്കൽ ആ സംഭവത്തിലും ഈ നാല് കാടകങ്ങളിൽ നാല് സംഭവങ്ങളിൽ അതിൽ രണ്ടെണ്ണ ഉപമയാണ് രണ്ടെണ്ണ സംഭവങ്ങളാണ് ഇതിൽ ഒരു പ്രാർത്ഥനയുടെ ദൈവസന്നിധിയിൽ ചെല്ലുന്ന ഒരു ആളിൻ്റെ മനോഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെയെല്ലാം ഈ നാലിടത്തും നാലിടത്ത് നോക്കുമ്പോഴും നമ്മൾ കാണുന്നത് എന്താ വ്യക്തിപ്രധാനം വിധവ സാക്ഷാൽ വിധവയാണോ എന്നുള്ളതാ ചോദ്യം അതുപോലെ ചുങ്കക്കാരൻ്റെയും പരീശൻ്റെയും ഉപമയിൽ ചുങ്കക്കാരൻ എന്താ കൊണ്ടുവരുന്നത് തന്നെ തന്നെ കൊണ്ടുവരുന്നത് അവന് അവൻ്റെ പെർഫോമൻസ് അവന് ഒന്നും പറയാനായിട്ടില്ല പരീശനോ പരീശൻ തന്നെ തന്നെ കൊണ്ടുവരുന്നില്ല അവൻ പറയുന്ന ദൈവമേ എൻ്റെ പെർഫോമൻസ് ഇങ്ങനെ ആയതുകൊണ്ട് നീ എന്നെ എന്നിൽ അങ്ങ് പ്രസാദിച്ചത് നമ്മളും പ്രാർത്ഥനയ്ക്കായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ പതാരം കൊടുക്കുന്ന കാര്യമൊക്കെ വരുമ്പോൾ നമ്മൾ ഏതാ മനോഭാവത്തിലാണ് നിൽക്കുന്നത് ഒന്നാമത് ദൈവം ആരെ നോക്കുന്നു ഒന്നാമത് ദൈവം ആ വ്യക്തിയെ നോക്കുന്നു പിന്നീടാണ് ആ വ്യക്തിയെ ചെയ്യുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞല്ലോ ദൈവം എന്ത് ചെയ്തു ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു ഒന്നാമത്തെ നോട്ടം വ്യക്തിയിലാണ് ഹാബേലി അതിൻ്റെ മറുവിശം അതിൻ്റെ കോൺട്രാസ്റ്റ് കായിനിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചില്ല വ്യക്തിക്കാണ് പ്രാധാന്യം അതുകൊണ്ട് സഹോദര സഹോദരി നമ്മൾ പറഞ്ഞു വരുന്നതിനെ നമുക്ക് ഇങ്ങനെ സംക്ഷേപിക്കാം ഞാനും നെയ്യും നമ്മളൊരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പാകെ എങ്ങനെയാണ് അതിനെ മറച്ചു വെച്ചോണ്ട് നമ്മുടെ ദീർഘനേരത്തെ പ്രാർത്ഥന മൂന്ന് ദിവസത്തെ ഉപവാസം ഇപ്പം നാൽപ്പത്തൊന്ന് ദിവസം ഒക്കെയാണ് മൂന്ന് ദിവസം ഒന്നും ഒന്നുമില്ല ഏ നാൽപ്പത് ദിവസം നാൽപ്പത്തൊന്ന് ദിവസം നാൽപ്പത്തൊന്ന് ദിവസം ഉപവാസം ഒന്ന് ബാനറ് ഞാൻ ചിലപ്പോൾ സംശയിച്ചിട്ടുണ്ട് കർത്താവിനേയും കവിച്ച് വെക്കണം എന്നൊരു വാശിയുണ്ടോ നാൽപ്പത് ദിവസം പോരെ നാൽപ്പത്തൊന്ന് പോട്ടെ നാൽപ്പതോ നാൽപ്പത്തൊന്നോ ആയിക്കോട്ടെ പക്ഷേ എത്ര നേരം എന്നുള്ളത് പ്രധാനമല്ല നമ്മൾ മുമ്പേ പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ വാക്യം ആ വാക്യത്തിലേക്ക് ഒന്നുകൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം രണ്ട് ദിനവൃത്താന്തം ഏഴാമധ്യായം ഏഴാമധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ നമ്മൾ പറഞ്ഞു എൻ്റെ ജനം പ്രാർത്ഥിച്ചാൽ ഞാന് എന്തു ചെയ്യും ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും എന്ന് അങ്ങനാണോ ആ ആ വാക്യം അല്ല എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഒന്നാമത് വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ മെച്ചപ്പെടണം നമുക്ക് ദുർമാർഗമുണ്ടെങ്കിൽ അത് വിട്ടുകളയണം പണത്തോട് സ്നേഹമുണ്ടെങ്കിൽ അത് അത് ഒഴിവാക്കണം മറ്റൊരു സ്ഥാനമാനത്തോട് നമുക്ക് കമ്പമുണ്ടെങ്കിൽ അത് വിട്ടുകളയണം നമുക്ക് തെറ്റായ വേറെ ശീലങ്ങളുണ്ടെങ്കിൽ അതിനോട് വിട അങ്ങനെ ഈ ദുർമാർഗങ്ങളെ വിട്ടു തിരിഞ്ഞ് ആ വ്യക്തി തന്നെ പ്രധാനമാണ് അല്ലാതെ വ്യക്തിയെ ഒഴിവാക്കിക്കൊണ്ട് അവൻ്റെ പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിക്കുമെന്നല്ല ഈ വാക്യം പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് ഇന്ന് നമ്മുടെ ചുറ്റുപാടുമൊക്കെ പലയിടത്തും സുശേഷ വിഹിത ഗോളത്തിലൊക്കെ അവിടുത്തെ പെർഫോമൻസാ പ്രധാനം ഞാൻ ഇതിന് എത്ര നേരം പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ എന്ത് ചെയ്തു എന്തു കൊടുത്തു എന്നാൽ അത് അത് പ്രധാനമല്ലേ അത് പ്രധാനമാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ മൂന്ന് ദിവസം പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റിവെച്ചത് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ് പക്ഷേ അങ്ങനെ വരുമ്പോഴും വ്യക്തിയെ മാറ്റി വച്ചിട്ട് അവൻ്റെ പെർഫോമൻസിനെയല്ല ദൈവം കണക്കിലെടുക്കുന്നത് വ്യക്തിയാണ് പ്രധാനം നമുക്ക് നമ്മൾ പ്രാർത്ഥന നമ്മളെ കൂടുതൽ താഴ്മയിലേക്ക് കൊണ്ടുവരണം നമ്മുടെ തന്നെ ആവശ്യബോധത്തിലേക്ക് കൊണ്ടുവരണം ദയമേ എൻ്റെ ആവശ്യം എനിക്ക് ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് സഭയിൽ വരുന്നു എന്തെല്ലാം കേൾക്കുന്നു എന്തെല്ലാം പറയുന്നു എന്തെല്ലാം പ്രസംഗിക്കുന്നു ഇപ്പോഴും കർത്താവേ ആ നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ആ ചുങ്കക്കാരനെ പോലെ അടിക്കാൻ ഒരു സ്ഥലമേ ഉള്ളൂ നമ്മുടെ തന്നെ മാറ് ഞാൻ ഞാൻ പാപിയായ എന്നോട് ദൈവം അവിടെ പ്രസാദിക്കും ദൈവത്തിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നീ ഒരു അനാഥനോ വിധവയോ പോലെ വേറെ എങ്ങും പാവ ഞാൻ പാപിയാണെന്ന് കണ്ടാൽ അവൻ ഒരിടത്തേ പോകാനൊക്കെ ഉള്ളു എവിടെയാണ് പാപം മോചിച്ചു കൊടുക്കുന്ന ദൈവത്തിൻ്റെ അടുത്ത് അതേസമയം അവൻ അത് കാണുന്നില്ലെങ്കിൽ ആ പരീശൻ അത് കണ്ടില്ല അവന് പപിയാണെന്ന ബോധ്യമില്ല മറ്റവന് പാവിയാണെന്ന ബോധ്യമുണ്ട് അതുകൊണ്ട് ദൈവത്തിന് മാത്രമേ അവനെ നീതിയിരിക്കാനൊക്കെ ഉള്ളൂ ദൈവം അത് ചെയ്തു കൊടുത്തു സഹോദര സഹോദരി നമ്മൾ ഈ നിങ്ങളെ വീട്ടിൽ പോയി ഈ നാല് കാര്യങ്ങളും ഒന്നുകൂടെ ചിന്തിച്ച് നോക്കുക അതിൽ നിന്ന് ഒട്ടേറെ വെളിച്ചം നമുക്ക് ലഭിക്കും നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് അതിൽ പുകഴ്ന്ന് സ്വയം നമ്മളെ തന്നെ കൺഗ്രാജുലേറ്റ് ചെയ്ത് ഓ ഞാൻ ഞാൻ ഇത് നമ്മൾ ഇന്ന് ഇന്നത്തെ ഇന്നത്തെ പരീക്ഷൻ ചെയ്യേല ഇന്നത്തെ പരീക്ഷൻ ഈ പുസ്തകത്തിൽ ഈ കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു പരീക്ഷനാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരിക്കലും മറ്റേ ഈ പുസ്തകത്തിൽ കണ്ട പരീക്ഷൻ്റെ സാക്ഷ്യമല്ല പറയുക നമ്മളെന്തോ പറയും നമ്മൾ ചിലപ്പോൾ ഈ ചുങ്കക്കാരൻ്റെ ഒരു വേഷമൊക്കെ എടുത്തണിയും കർത്താവ് ഞാനും ഞാൻ ഭാപിയും ദോഷിയും കൃമിയും പുഴുവും ഒന്നുമില്ലാത്തവളും ഏ ഒന്നുമില്ലാത്തവനും ഒരു കണ്ണിനും ദയ തോന്നാത്തതും എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് സാക്ഷ്യത്തിൽ നമ്മളെ തന്നെ അങ്ങ് ഇടിച്ച് താഴ്ത്തും ശ്രദ്ധിച്ചോ ദെയ്യോ എന്താ നോക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ ആണെന്നോ ഈ ഒരു പ്രശ്നത്തിൻ്റെ മുമ്പാകെ നമുക്കെന്നും നിലവിളിക്കാനല്ലാതെ വല്ല കാര്യവും നമുക്ക് ചെയ്യാനൊക്കുമോ കാരണം അങ്ങനെ വന്നാലേ നീതീകരിക്കപ്പെടുകയുള്ളൂ നമുക്ക് ഞാൻ എപ്പോഴും പറയാറുള്ളത് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ലോകത്തുള്ള മുഴുവൻ പേരെയും കളി കബളിപ്പിക്കാം രണ്ട് പേരെ കബളിപ്പിക്കാൻ ഒക്കുകയില്ല ഒന്ന് ഒന്ന് ദൈവത്തെ കബളിപ്പിക്കാൻ ഒക്കുകയില്ല രണ്ട് നമ്മളിലൊരു ദൈവം ഒരു ആധർമ്മത്തിൻ്റെ വ്യാപാര അയച്ചിട്ടില്ലെങ്കിൽ നമ്മൾ സത്യസന്ധരാണെങ്കിൽ നമ്മളെ നമുക്ക് കളിപ്പിക്കാൻ ഒക്കുകയില്ല എന്നാൽ നമ്മൾ നിരന്തരം നമ്മളെ കബളിപ്പിച്ച് കബളിപ്പിച്ചിരുന്നാൽ എന്തു ചെയ്യും ദൈവം ആധർമ്മത്തിൻ്റെ ഒരു വ്യാപാര ശക്തി നമ്മളുടെ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന പോഷ്ക്ക് സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കത്തക്കവണ് എന്നുവെച്ചാൽ ഞാൻ ഭേദമാണെന്ന് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് വിശ്വസിച്ച് പോകും നിരന്തരം പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പെടുത്തും മകനെ മകളെ നീ താഴ്മയിലേക്ക് വാ നീ നിൻ്റെ നീട് കാണു നിൻ്റെ ആവശ്യം കാണു നീ നിന്നിലാണ് ഞാൻ പ്രസാദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നിട്ടാണ് നിൻ്റെ പെർഫോമൻസ് ഈ നിലയിലെ പരിശുദ്ധാത്മാവ് നിരന്തരം നമ്മളെ ഓർപ്പിപ്പിച്ചിട്ടും നമ്മൾ അതിന് വഴങ്ങുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരു ഘട്ടം കഴിയുമ്പോൾ എന്ത് ചെയ്യും നമ്മളെ കൈവിട്ട് കളയും കൈവിട്ട് കളയും കൈവിട്ട് കളയുമ്പോൾ അവിടെ ഒരു വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി നമ്മളെ ആവേശിക്കും ആ വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി എന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത് നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ വിശുദ്ധനെന്ന് വിചാരിച്ചേക്കുന്നത് ശരിയാണ് എന്ന് ശരിക്കും വിശ്വസിക്കാൻ നമ്മുടെ ഈ വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി ആ നിലയിൽ നമ്മളെ പ്രേരിപ്പിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ നിന്ന് വിടുതലുണ്ടാകുകയില്ല സൂക്ഷിക്കണേ ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ ദൈവചനം പ്രത്യേകിച്ചും കൃത്യതയോടെ വ വരുന്ന സഭയിൽ ഇരിക്കുന്നത് അപകടമുള്ള ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങൾ ഒന്ന് നടക്കും ഒന്നുകിൽ എന്ത് നടക്കും ഒന്നുകിൽ നമ്മൾ ഈ പാപബോധം വർദ്ധിച്ച് വന്ന് ഓരോ തവണയും ദൈവത്തോട് കൂടുതൽ വിശുദ്ധിയിൽ അടുത്തു വരും ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ ഇതിനെ ഗൗരവമായിട്ട് എടുക്കാതെ വന്ന് വന്ന് വന്ന് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഒരു വി പോഷ്കിൻ്റെ ആത്മാവ് വന്ന് നമ്മളെക്കുറിച്ച് തന്നെ സത്യമല്ലാത്ത ഒരു കാര്യവും സത്യമാണെന്ന് ചിന്തിച്ച് നമ്മളങ്ങനെ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ദൈവീത് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകാനേ താല്പര്യമുള്ളെങ്കിൽ ഗൗരവമായ കാര്യങ്ങൾ പറയുന്ന സഭയിൽ വരാതിരിക്കുക ഞാൻ പറഞ്ഞത് കൂടിപ്പോയോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയൊന്നും ഇങ്ങനെയൊന്നും തലനാരി കയറി പറയാത്ത സ്ഥലങ്ങളില്ലേ അവിടെ ഒക്കെ ചെന്ന് പാട്ടുമൊക്കെ പാടി കൈയ്യൊക്കെ അടിച്ച് അവിടെ ബന്ധപ്പെട്ട ആളുകൾക്കും പണം കൊടുത്തു കഴിഞ്ഞാൽ കമ്മിറ്റി അംഗമായി നമുക്ക് സന്തോഷം അവർക്കും സന്തോഷം ലോകസമസ്താ സുവിനോ ഭവന്തോ എല്ലാം കൊള്ളാം അങ്ങനെയൊക്കെ അങ്ങ് പോയ പോരെ ഡു യു മീൻ ബിസിനസ് നിങ്ങൾ ബിസിനസ് ബിസിനസ്സാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചിലപ്പോൾ ഇംഗ്ലീഷിൽ അങ്ങനെ പറയാറുണ്ടല്ലോ ആത്മീയതയ്ക്ക് വന്നു നിങ്ങൾ ഈ കാര്യത്തെ സീരിയസ് ആയിട്ടാണ് അന്വേഷിക്കുന്നതെങ്കിൽ മാത്രമേ ഗൗരവമുള്ള ഒരു സഭയിൽ പോകാവൂ അല്ലെങ്കിൽ മറ്റുള്ള ധാരാളം ഇടങ്ങൾ ഉണ്ടല്ലോ ഇവിടെ തന്നെ ഇരിക്കുന്ന ആളുകളോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് അവസാനിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് നമ്മൾ വരിക നമ്മൾ ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കുമല്ലോ നിങ്ങൾ അങ്ങനെയുള്ള ഒരു ഗൗരവമുള്ള ഒരു കാര്യം അന്വേഷിക്കുന്നില്ലെങ്കിൽ വെറുതെ എന്തിനിരുന്ന് നിരന്തരം പരിശുദ്ധാത്മാവിൻ്റെ ഉണർത്തലിനെ തട്ടിക്കളഞ്ഞ് തട്ടിക്കളഞ്ഞ് ഒടുവിൽ ഒരു ഫോഷ്കിൻ്റെ ആത്മാവ് ഒരു വ്യാജത്തിൻ്റെ വ്യാപാര ശക്തിയാൽ പരിക്കപ്പെട്ടു പോകണം അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നു ഇതിൻ്റെ അകത്തൊരു റിസ്ക് ഉണ്ട് റിസ്ക് ഉണ്ട് എന്നാൽ ശരിക്കും ബിസിനസ് മീൻ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഈ ആത്മീയതയുടെ വെളിച്ചത്തിൽ ദൈവവചനം ആഗ്രഹിക്കുന്ന നിലയിൽ വിശുദ്ധിയെ തികച്ചു മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നിരന്തരം ഓ ദൈവസന്നിധിയിലേക്ക് വരാൻ ദൈവോചനം തെളിമയോടെ കിട്ടുന്നിടത്ത് തന്നെ ഇരിക്കുക നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ അമ്പത് വർഷം കഴിഞ്ഞാലും ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞാലും എത്ര വർഷം കഴിഞ്ഞാലും പിന്നെയും ഓരോ ദൈവോചനക്കേഴിയുടെ മുമ്പാകെയും നമുക്ക് മാനസാന്തരപ്പെടാൻ കാര്യങ്ങളുണ്ടാവും അങ്ങനെയാണ് നമ്മൾ കർത്താവിൻ്റെ സ്വഭാവത്തോടെ അനുരൂപപ്പെടുന്നത് അങ്ങനെയാണ് നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നത് ഈ ഒരു പ്രക്രിയ ഈ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവർ നിന്നാൽ മതി ഇല്ലെങ്കിൽ അതിനേക്കാൾ ഇത്രയും ഗൗരവമില്ലാത്ത ഇടങ്ങളിലേക്ക് പോകാമല്ലോ പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയും നമുക്ക് കേട്ട കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മളെ തന്നെ കൊണ്ടുപോവുകയും ചെയ്യാം